നിങ്ങൾ സമാധാനമായി കഴിയാനായി നിങ്ങളുടെ ഇടയിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ഇടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്